സർപ്പതിമൂറ്റ അമ്പത്തിന പുംസ പ്രസ തസ് ശീതലാക്ഷതരാത്മന സമ ഭൂഷ്ടപ്രീരേ മിത്രംസൃത മനുഷ്യനും പരിശ്രമതൃപ്ത ശ്രമത്തിലൂടെ തൃപ്തിയോടുകയും ശീതള അച്ഛരാത്മ ശീതളമായ സ്വച്ഛ സ്വച്ഛത അങ്ങനെയൊക്കെ സ്വച്ഛമായ ആത്മനങ്ങൾ മനസ്സോടുകൂടിയിരുന്നു സമഭൂഷിത ചിത്ര സമം അലങ്കാരമായിരിക്കുന്ന ചിത്രത്തോടുകൂടി ശത്രുജോതി മിത്രതാം നൽകി ശത്രു പോലും അവരുടെ മിത്രമായി തീരു ശത്രു പോലും മിത്രമായി തീരുന്നു എന്നുള്ളത് അർത്ഥവാദപരമായി പറയുന്നതാണ് ശാസ്ത്രം മിത്രമാകാം മിത്രമാകാതെ ഇരിക്കുക അതിനൊന്നും ആർക്കും ഗാരം പറയാൻ ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി പറയുന്നു സമംഘോഷിച്ച സമം ചിത്രത്തിന് അലങ്കാരമായി ശീതള അച്ഛതരായ ശീതളമായ സ്വച്ഛ മനസ്സുള്ള കൂടിയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു പ്രശ്രമതൃപ്ത ശ്രമം കൊണ്ട് തൃപ്തനായിരിക്കുന്ന മനഃശാന്തി കൊണ്ട് തൃപ്തനായിരിക്കുന്നു എന്നർത്ഥം ഈ മനഃശാന്തി എന്ന് പറയുമ്പോ മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളുടെ കൂടെ കണക്കിലെടുത്ത് ഇതെല്ലാം വൈജ്ഞാരികേണ്ട കാര്യമില്ല കേവലം മനസ്സിന് മാത്രമായിട്ട് ശാന്തി ഉണ്ടാകത്തത് മനഃശാന്തി മനഃശാന്തി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് ശാന്തി വേണ്ടതാണ് മനസ്സിന് ശാന്തി വേണം ശരീരത്തിന് ശാന്തി വേണം നമ്മുടെ സാഹചര്യങ്ങൾക്ക് ചുറ്റുപാടുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ശാന്തി ഇത് മൂന്നും കൂടെ ഒന്ന് ചേർന്നാലേ മനുഷ്യന് ശാന്തി അനുഭവിക്കാൻ പറ്റും കേവലം മനസ്സിന്റെ ശാന്തി ശാന്തി എന്ന് പറയുന്നത് അതൊരു നിവാസ്വപ്നമാണ് അത് മാത്രമായിട്ട് ഒരാൾക്ക് ശാന്തി ഉണ്ടാവാത്ത ആഗ്രഹിക്കാൻ മനസ്സിന് ശാന്തമായിരിക്കും അതുകൊണ്ട് തൃപ്തി അത് മാത്രം കൊണ്ടുണ്ടാകുന്നത് ശാന്തി കൊണ്ടുള്ള തൃപ്തി അതാണ് പ്രശമ തൃപ്തി എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് സാധിക്കില്ല പ്രായോഗികമായി നടത്തില്ല കാരണം മനസ്സിന്റെ ശാന്തി തന്നെ മനസ്സിൻ്റെ പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും മനസ് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു മനസ്സിന്റെ ആന്തരികമായ മനസ്സിൻ്റെ ഘടനകളെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു ഇതിനെല്ലാം ആശ്രയിച്ചാണ് ഇതൊരു ഒറ്റമൂലിയൊന്നുമില്ല കാര് ധരിക്കുന്നത് പോലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പല വ്യക്തികൾക്ക് പല മനസ്സാക്കും ഒരു മനസ്സിനും പറ്റുന്നോ വേറൊരു മനസ്സിനോ ഒക്കത്തില്ല പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ മിക്കവർ കുറയും സാധാരണ പക്ഷെ മനസ്സിന് അങ്ങനെ ഒരു ഒറ്റ കാരണം മനസ്സ് വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ് ത്തിലൂടെയുള്ള ശാന്തി എന്ന് പറയുമ്പോൾ മനസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശാന്തി ഒരുപാട് സ്തുതിച്ചുകൊണ്ടോ പൊഴിക്കുകൊണ്ടോ അതും മനസ്സിന് ശാന്തി വറ്റും അതിനെ ഒരുപാട് വർണ്ണിച്ചോന്നു മനസ്സിനെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായും മനസ്സിനെ അശാന്തമാക്കുന്നത് എന്താണ് മനസ്സിനെ കൂടുതൽ അശാന്തമാക്കും മനസ്സിൻ്റെ വികാരങ്ങൾ അതിനാണ് ഒന്നാം സ്ഥ വികാരങ്ങളാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ അശാന്തമാക്കുന്നത് വികാരങ്ങൾ മനസ്സിൽ യാതൊരു നീണ്ടതല്ല എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് മനസ്സ് ചലിക്കും ഇളകി മറിക മനസ്സ് അശാന്തമാക്കും അതാണ് ഒന്നാമത്തെ പക്ഷി അതിനെ മനസ്സിലാവണം എന്റെ മനസ്സിനെ അശാന്തമാകുന്നത് നമ്മുടെ ചിന്തകൾ കാമും പ്രോത്വൊക്കെ കിട്ടും എല്ലാവരും നമ്മുടെ ചിന്തകൾ തന്നെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാണ് അത് അടുത്തും മനസ്സിനെ അസ്വസ്ഥമാകുമെന്നും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാകുന്ന ഒന്നാണ് നമ്മുടെ ഓർമ്മ ഓരോ കാലത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ അതും മനസ്സിനെ അസ്വസ്ഥമാണ് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാകുന്നതാണ് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ അത് മനസ്സിന് അസ്വസ്ഥമാണ് ഇതെല്ലാം മനസ്സിനെ സ്വസ്ഥമാക്കുകയല്ല മനസ്സിനെ കുടുംബയിലൊക്കെ അസ്വസ്ഥമാക്കുകയല്ല മനസ്സിന് അശാന്തി ഉണ്ടാക്കുന്നവയാണ് അതിനെല്ലാം കൂടെ അവർക്ക് ഒറ്റമൂലികൊണ്ട് ഇതിന് ചികിത്സിക്കാനും കഴിയുന്നില്ല ഓരോന്നിനെയും പ്രത്യേകം കൈകാര്യം ചെയ്ത് ഈ കാലം ഇമോഷൻസ് അതിനകം പ്രത്യേകം അറിഞ്ഞ് കൈകാര്യം പ്രതികൂലമായി വരുന്നതിനൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം അനുകൂലമായതിനോടൊപ്പം പോകാം ചിന്തകളൊന്നതുപോലെ തന്നെ പ്രതികൂല ചിന്തകൾ ഒഴിവാക്കണം അനുകൂലമായ സ്വീകരിക്കാം ഓർമ്മകൾ തന്നെ ഓർമ്മകളൊക്കെ വിട്ടുകളയണം അതുകൊണ്ട് കഴിയണം അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസാധ്യമായ അപ്രായോഗികമായ സാധ്യതയില്ലാത്ത പ്രതീക്ഷകൾ അതിനോട് ദുരാഗ്രഹങ്ങൾ നമുക്ക് പറയും ഇവിടെ ആവർത്തിച്ചാവർത്തിച്ചത് അതിനേക്ക് ഒഴിവാക്കുക അങ്ങനെ മനസ്സിന് ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതതിന്റെ ഒരു ഭാഗം മാത്രമേ ആവുള്ളൂ ഈ തത്വചിന്തകൾ പലതരത്തിലുള്ള തത്വചിന്തകളുണ്ട് അഭിയിലും മധുരയിലും ഇഷ്ടം ഇത്ര ചിന്തകൾ കൊണ്ട് മനസ്സിന് ശമം ണ്ടാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമുണ്ട് പറ്റത്തില്ല അതും ചിലപ്പോൾ സഹായിച്ചില്ലെന്ന് കാരണം അങ്ങനെ വലിയ ചിന്തകളുള്ളവരും അസ്വസ്ഥരായിട്ടാണ് ഇവിടെ എന്താ വിഷമം ശാന്തി അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണോ പ്രശമതൃപ്ത തൃപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മതി അല്ല മതി എന്നുള്ളൊരു ഭാവം അത് നിലനിൽക്കുകയും വേണം തൽക്കാലം മതി എന്ന് പോലെ നിലനിൽക്കുന്ന ഒരു തൃപ്തി വേണം അത് ശാന്തിയിലൂടെ ഉണ്ടാവുമ്പോ അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വയറെന്ന് പറയുമ്പോൾ തൃപ്തിയുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മീൻ വിശത്തും അപ്പൊ ആ തൃപ്തി ഒരു താത്കാലിക തൃപ്തിയാണ് മനസ്സിന്റെ തൃപ്തിയല്ല അങ്ങനെ എന്താണ് അതിനൊരു മാനസിക വ്യാപാരങ്ങൾ എന്ന് ഈ പറഞ്ഞു മനസ്സ് ഏതുവഴിയൊക്കെ സഞ്ചരിച്ചു പോയാലും അതൊന്നും നമ്മുടെ തൃപ്തിയെ കളയത് എന്റെ മനസ്സ് എല്ലാ വഴിയും സഞ്ചരിക്കാൻ പോടില്ല എല്ലാ വഴിക്കും പോയി കഴിഞ്ഞാൽ തൃപ്തി പോകും അപ്പൊ ആവശ്യമുള്ള വഴിക്ക് മാത്രം മനസ്സ് പോവുക അല്ലെങ്കിൽ തന്റെ ശാന്തി തൃപ്തി ഇവരെയും നശിപ്പിക്കാത്ത രീതിയിൽ മനസ്സ് സഞ്ചരിക്കുകയാണ് അതിനും മനസ്സിൻ്റെ ഒരു പരിശീലനം നല്ല രീതി തിരിച്ചറിയുക ആ തിരിച്ചറിവിലൂടെ മനസ്സിൽ കൊണ്ടുപോകാറുള്ള അത് തിരിച്ചറിയാൻ പ്രയാസം കൊണ്ട് മനസ്സിന് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് മനസ്സ് തിരിയുമ്പം അവിടെ നിന്ന് മനസ്സിന് മാറ്റുക മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ മനസ്സിൽ നിർത്തുക എത്രയോ അതോ അസാധ്യമായ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതൊന്നും നടക്കത്തില്ല മനസ്സിനകം മെനിക്കെടുക്കും അത് ജീവിതാനുഭവങ്ങളിലൂടെയും മാനസികമായ പരിശീലനത്തിലൂടെയും സാധിച്ചാൽ ഈ പറയുന്ന തൃപ്തി മനസ്സിലും ശരീരം അനുകൂലമായിരിക്കും മനസ്സിന്റെ സ്വസ്ഥത പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരത്തിന്റെ സ്വസ്ഥ മനസ്സിന്റെ സ്വസ്ഥത നമുക്ക് മാനസികമായ കുറെ പരിശീലനങ്ങളും കുറേ ധാരണകളും ഒന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ശരീരത്തിന്റെ സ്വസ്ഥത അങ്ങനെയല്ല അതായത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ മനസ്സിനെ ബാധിക്കുമ്പോൾ അത് വലിയൊരു വിഷയമായ ശരീരം സ്വസ്വസ്ഥമായി വയ്ക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ശരീരം കുറേയൊക്കെ അസ്വസ്ഥമായാലും മനസ്സിന് നമുക്ക് സ്വസ്ഥമായി വയ്ക്കാൻ പറ്റും പക്ഷേ ശരീരം കൂടുതൽ അസ്വസ്ഥമായ രോഗങ്ങളിൽ നിന്നും ചികിത്സിച്ച് നേരെയാക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ശാരീരികമായ പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ അതിന് നിലനിർത്തിക്കൊണ്ടും മനസ്സിനെങ്ങനെ സ്വസ്ഥമാക്കാം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി അതിനൊഴിവാക്കാൻ സാധിക്കും സാധിക്കുകയില്ലെങ്കിൽ അതിനെന്താ അതിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് അതിന് കീഴ്പോട്ടു പോകാതെ ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമാണ് പലരും അത്തരം ശാരീരികമായ വൈഷമ്യങ്ങളും അതുണ്ടാക്കുന്ന മാനസികമായ സ്ട്രെസ്സും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നു പലർക്കും അതൊക്കെ തിരിച്ചറിയാൻ തന്നെ കഴിയില്ല എന്താണ് തന്റെ ശരീരത്തിന് സംഭവിക്കുന്നത് അത് പലർക്കും തിരിച്ചറിയാൻ പറ്റില്ല ഇത് പലതും എന്താണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കരുതൽ ശാരീരികമായ പല പ്രശ്നങ്ങളും മനസ്സിന്റെ സ്ട്രെസ് കൊണ്ട് ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാവാം ശരീരത്തിന്റെ സ്ട്രെസ് കൊണ്ട് മനസ്സിനും പ്രശ്നമുണ്ടാവാം ഇത് രണ്ടുമല്ലാതെ ജനറ്റിക്കലായിട്ടും വരാം ശാരീരികമായ പ്രശ്നം അത് മനസ്സിനെ ബാധിക്കും യും മനസ്സിനെ ബാധിക്കാതെ നോക്കുക എന്നുള്ളതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് എന്റെടുത്തോ ഗൾഫിൽ ജോലി ചെയ്തി അയാൾക്ക് അവിടെ വെച്ചാൽ മെച്ചു കഴിഞ്ഞു അയാൾക്ക് ജോലി ചെയ്യാൻ വയ്യ അയാൾ ജോലി ഉപേക്ഷിച്ചിട്ട് അയാൾ നാട്ടിൽ വന്നിട്ട് നേരെ പോയത് അന്ന് ഇത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല തിരുവനന്തപുരം പേർ കടികളായി പോയി അവിടുത്തെ ഏറ്റവും നല്ല ഡോക്ടറുണ്ട് ചികിത്സകളും എഞ്ചിനീയറി അന്നുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി അവർക്ക് എന്താണ് രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇയാൾ പക്ഷേ വേദന എന്ന് പറയുന്നത് ഇയാളുടെ മനസ്സിന്റെ തോന്നലല്ല ശരിക്കും അയാളുടെ ശരീരത്തിന് വേദനയുണ്ട് പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവര് കുറെ മരുന്നുകൾ കൊടുക്കും അവരെ ടെസ്റ്റൊക്കെ നടത്തി പലതും ചെയ്തിട്ട് ഇയാളുടെ വേദനയ്ക്ക് കുറക്കും അപ്പൊ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നത് ഞാനൊരിക്കൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഉള്ളു കാരണം എനിക്കത് മറക്കാൻ പറ്റിയൊരു സംഭവം അതുകൊണ്ട് അയാൾ ആത്മീയതയിലേക്ക് തിരിച്ചു അപ്പോൾ ഇത് ഇയാൾക്കിങ്ങനെ നെഞ്ചുവേദന വരുന്ന ഒരു കാരണമായ വളരെ സ്ട്രെസ്സുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ ജോലി ചെയ്തത് ഒരു മെക്കാനിക്കല്ല അപ്പോ പക്ഷെ അയാളുടെ ആർട്ട് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല ആർട്ടിൽ നിന്നും ഒരു പ്രശ്നമുണ്ട് പക്ഷേ അയാൾ നെഞ്ചിനാണ് വേദന വേദന ഒന്നായിട്ട് തളർന്നയാളിരുന്ന് ഒരു അടി ചവറ് വയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ അയാൾ ആത്മീയ കേന്ദ്രങ്ങളിൽ അന്വേഷിക്കാൻ തുടങ്ങി കേരളത്തിലുള്ള അന്നുള്ള എല്ലാ ആത്മീയക്കാരെയും അങ്ങനെ കണ്ടുകണ്ട് കണ്ട് അവസാനം എന്റെ അടുത്തും വന്നു പലരും പറഞ്ഞു പറഞ്ഞാണ് എന്റെ അടുത്ത് നോക്കുന്നത് അപ്പൊ ഇയാളെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് മനസ്സിലായി ഇയാളുടെ പ്രശ്നം എന്താണ് എന്നെ കണ്ടുകഴിഞ്ഞപ്പോ എനിക്കും മനസ്സിലായി ഇതെന്താ പ്രശ്നം കാണുന്നതൊക്കെ എന്താണ് സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്ന് പറയും സൈക്കോസോമാറ്റിക് സിംറ്റംസ് എന്ന് പറയും വളരെ പൊഴഞ്ഞു പറഞ്ഞൊരു പ്രശ്നമാണ് വൈദ്യശാസ്ത്രത്തിൽ നിന്ന് ഉത്തരം കിട്ടാത്തവരുടെ കാര്യം വേദന വരിക വേദന മാനസികമല്ല ശരീരത്തിലുള്ളത് അനുഭവിക്കുന്നു ശരീരത്തിലെ ഏത് അവയവത്തിലും വരാത്ത പ്രശ്നം പക്ഷേ ചികിത്സിച്ചാൽ മാറത്ത പ്രശ്നം അന്നത്തെ എന്റെ ബുദ്ധിയനുസരിച്ച് നമുക്ക് ഉപദേശം കൊടുത്തു മാറ്റാൻ പറ്റില്ല അതെനിക്കൊന്നും അറിയാമല്ലോ ഞാനെന്ന് കോട്ടയത്തിലെ പ്രസിദ്ധനായ ഹോമിയോ ഡോക്ടർ ഉണ്ടായി അളീ സൈക്കോസോമാറ്റിക് സ്പെഷ്യലിസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ആഡ് കോളേജിൽ അവളുടെ പ്രസിദ്ധനാണ് അത് എന്റെ ജീവിച്ച മരിച്ചു കൊണ്ട് പേര് പറഞ്ഞാൽ പലത് പറയും പേര് ഞാൻ പറയും അപ്പോ അവസാനം അവിടെ അയച്ച ഓരോ രക്ഷയും പൊടി പിടിച്ച സകലം വരുന്ന സർവത്തും പ്രയോഗിച്ചു ഇത് വൈദ്യശാസ്ത്രത്തിന് പിടി കിട്ടാത്ത ഒരു ഭക്തിയുണ്ടോ യോഗമുണ്ടോ എന്ന് ഇത് മാറത്തില്ല അപ്പോ അതിന് ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അയാൾക്ക് മാനസികമായി തന്നെ മാനേജ് ചെയ്യുക അതിനുള്ള ഒരു ശേഷി ഒരു പക്ഷെ അയാളെ കൂടുതൽ സഹായിക്കുന്നു ഒരു മനഃശാസ്ത്ര വിദഗ്ധനായി കൂടുതൽ സഹായിക്കും മറ്റുള്ളതിനൊക്കെ പിന്നീട് ഞാൻ അങ്ങനെയുള്ള പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട് ഞാൻ അവരോട് ഇതിനും കൂടി ചൂട് ചർച്ചയ്ക്കുമ്പോഴായിട്ട് കാരണം അത് മാനസികമായി നിങ്ങളിത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നവർ പ്രത്യേകം ഉടനെ പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത് എന്നൊരു മാനസിക രോഗി ആയിട്ട് പറഞ്ഞു എന്നാൽ മാനസിക രോഗിയാക്കിയെന്നാണ് അവര് ചിന്തിക്കുന്നത് അപ്പൊ തന്നെ അവരുടെ മനസ്സിൽ നെഗറ്റീവായ ഒരു വിചാരണം നമ്മൾ പറയുന്നതിന് പ്രയോജനമില്ലാതെ മാനസിക രോഗമല്ല പക്ഷെ മാനസികമായ ഒരു പ്രശ്നം ഇതിനകത്തുകൊണ്ട് ജനറ്റിക്കലാണ് ഇന്ത്യ പക്ഷെ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായത്തോടുകൂടി അയാൾക്ക് ഇതിനെ കൈകാര്യം ചെയ്ത് ജീവിച്ചു പോകാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ അതിൽ നിന്ന് ഒരുപാട് തെറാപ്പികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആൾക്കാരെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് മനഃശാസ്ത്രമായൊരു മനഃശാസ്ത്രപരമായ ഒരു സമീപനം ഇതിനാവശ്യമാണ് വേദന അനുഭവിക്കുന്ന വാസ്തവമാണ് മാനസികമല്ല എന്നാൽ ശാരീരികമായ ചികിത്സകളൊന്നും മാറുക അപ്പോൾ ശരീരം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ സ്വസ്ഥത മനസ്സിന്റെ സ്വസ്ഥത പോലെ പ്രധാനമാണ് ശരീരത്തിന്റെ സ്വസ്ഥത തത്വജ്ഞാനം കൊണ്ട് ഇതിനെയൊക്കെ മനുഷ്യൻ അതിജീവിക്കുമെന്നൊക്കെ കരുതുന്നതിന് വലിയ അർത്ഥമാണ് ഓരോരോ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരം ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതൊന്നും വ്യാപീയ മൂഢന്മാരിൽ അംഗീകരിക്ക അതാണ് ഒരു പ്രശ്നം അവര് ഇതെല്ലാം കൊണ്ട് ജീവിക്കും പക്ഷെ ഒരിക്കലും ഇതിൻ്റെത് യാഥാർത്ഥ്യങ്ങളും മനുഷ്യനെ ബോധവർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് ആത്മീയവിഡിത്വങ്ങൾക്ക് പരിഹാരം വലിയ പ്രയാസം ശരിയാക്കി എടുക്കാൻ വലിയ പ്രയാസം അവരെത്ര അനുഭവിച്ചാലും അതിന്റെ ശരിയായ പരിഹാര മാർഗങ്ങൾ അവർ തേടത്ത അവരെന്തോ വലിയൊരു ദുരാഗ്രഹത്തിനും പ്രതീക്ഷയിലും സ്വപ്നത്തിലൊക്കെ ചെയ്യും അവരെ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ചെയ്യും പരിഹാര മാർഗങ്ങളോ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിനെ മാനേജ് ചെയ്ത് ജീവിക്കാൻ പറ്റും പൂർണ്ണമായും മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലത് മാറുന്നതും കാണും മാറാത്തത് കാണും ഇത്ര ഞാൻ ശാരീരികമായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയെന്നൊരു കാര്യം പറഞ്ഞു അപ്പൊ അവിടെ ശരീരവും മനസ്സും ഒത്തു പ്രവർത്തിക്കണം എന്നാലും കേവലം മനസ്സ് കൊണ്ട് മാത്രം എല്ലാം പരിഹരിക്കാൻ പറ്റില്ല കേവലം ശാരീരികമായ പ്രശ്നങ്ങളും അതിലും മൂന്നാമെന്ന് നമ്മുടെ സാഹചര്യം നമ്മുടെ സാഹചര്യങ്ങളും എന്താണോ ഒന്നിൽ അനുകൂലമായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അനുകൂലമാക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ സാധിക്കുന്ന പ്രതികൂലതകളിൽ നിന്നും മാറി ഇത്രയും പ്രാധാന്യമാണ് മൂന്നും കണക്കിലെടുക്കാതെയുള്ള മനഃശാന്തിയും സന്തോഷവും ഒക്കെ പറയുന്നത് ഒരു സ്വപ്നമാണ് അങ്ങനെ ഒരു മനഃശാന്തി നിങ്ങൾക്ക് ഒരാശ്രമത്തിൽ ഹിമാലയത്തിൽ പോയാലും കിട്ടത്തില്ല സ്വന്തം വീട്ടിൽ കിട്ടാനും ഇത് മൂന്നും പരിഗണിക്കുന്നു നമ്മുടെ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ തൊഴിൽ രംഗം മാത്രമല്ല നമ്മുടെ ജീവിത ആവശ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചികിത്സകൾ വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണങ്ങൾ നമ്മൾ സഹകരിക്കുന്നവർ ആയിട്ട് ഒരു പൊരുത്തം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ തൊഴിൽ രംഗത്ത് സ്ട്രെയിനും സ്ട്രെസ്സും കുറഞ്ഞിരിക്കണോ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമായി ഇതൊക്കെ ഒരു സാഹചര്യം ഇതൊന്നും ശരിയായി നമുക്കൊരിക്കലും മനസ്സിലാക്കുന്നുണ്ടാവത്തില്ല അപ്പോ നമ്മുടെ ശല്യപ്പെടുത്താൻ വരുന്നവർ സൈന്യങ്ങളുണ്ടാവും അതിനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ പറഞ്ഞത് ശത്രുവിലൊക്കെ ഏത് ശത്രുവും മിത്രമാവും നടക്കുന്ന കാര്യമില്ല പക്ഷെ ശത്രു മിത്രമാകാന്ന് പറയുന്ന എങ്ങനെയാണ് ശത്രുവിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ശത്രുവിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് നമുക്ക് ശത്രുവിലും ഒരു മിത്രതയെ കണ്ടെത്താൻ പറ്റും ശത്രുമാർത്തില്ല നമ്മൾ അവിടെയും ഒരു മിത്രതയെ കണ്ടെത്തും എന്നാൽ നമ്മളെ ശരീരം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യും അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് വേരാളുടെ സന്തോഷം നമ്മുടെ ശത്വം അവന്റെ സന്തോഷം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അയാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും അപ്പൊ നമ്മൾ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും ബുദ്ധിമുട്ട് സഹിച്ചാൽ നമ്മുടെ ശാന്തി നഷ്ടപ്പെട്ടു അപ്പൊ അവിടെ ശത്രുവിന്റെ താല്പര്യം നമ്മൾ ബുദ്ധിമുട്ടുള്ള നമ്മുടെ ആഗ്രഹം ബുദ്ധിമുട്ടില്ലാതിരിക്കും അപ്പൊ പിന്നെ ശത്രുവിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിൽ ശത്രുവിനെ ഒഴിവാക്കുകയാണെങ്കിൽ ശത്രുവി അകന്നു അങ്ങനെ ശത്രുക്കൾ മിത്രത കണ്ടെത്തുക എന്നുള്ളത് ശത്രു ശത്രു അല്ലാതായി മാറി ഇത് ജീവിതാനുഭവങ്ങളിലൂടെ പരിചയങ്ങളിലൂടെ സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ശത്രുക്കളെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്കൊരു മെയ്വഴക്കം ഉണ്ടാവും ഒരു ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ത് സമീപനമായിരിക്കും എങ്ങനെ ശത്രുതയെ വർദ്ധിപ്പിക്കാതിരിക്കാം എങ്ങനെ ശത്രുവിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കി ശത്രുവിനെ ഈ ലോകത്ത് നിലനിർത്തിക്കൊണ്ട് എന്ന് ജീവിക്കാം പിന്നെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മെയ്വടം അങ്ങനെയൊക്കെ എവിടെയുണ്ടാവും ആശ്രമത്തിൽ വന്നോ അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോകുന്നു എന്ന് പറയുന്നത് ഒരു കാര്യമില്ല എവിടെയും ഈ ഇത്തരത്തിലുള്ള ശത്രു ഇത്തരം ഭാവങ്ങളൊക്കെ ഉണ്ടാവും ഈ ആശ്രമത്തിൽ നിന്നൊക്കെ ഓടിപ്പോകുന്നവര് ഇവിടുത്തെ കാര്യം മാത്രം പല ആശ്രമങ്ങളിൽ നിന്നും ഓടിപ്പോകുന്നവർ സംസാരിക്കുന്നവർ പറയും എന്താ എന്തുകൊണ്ടു ഓടിപ്പോയി അതവിടെ വലിയ സ്ട്രെസ് സ്ട്രെയിനൊക്കെ ഉണ്ടാവും മാനസികമായി എന്താ കാരണം ശത്രുക്കളെയാണ് അതെവിടെ ചെന്നാലും ഉണ്ടാവും ഞാനെന്റെ ജീവിതത്തിന് രണ്ടാമത് ചെന്ന ആശ്രമം ആദ്യം ചെന്നാശ്രമമാണ് രണ്ടാമത്തെ ചെന്ന ആശ്രമത്തിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊന്നു പോകാതെ ഒരു ഉപദേശം അവിടുത്തെ പ്രധാന സ്വാമി ആയിട്ടു എന്നോട് ചോദിച്ചു എന്താണ് ഈ ആശ്രമത്തിലേക്ക് വന്നത് ും ആശ്രമം തിരക്കി പോകാറില്ല ചിലപ്പോ ചെന്ന് ചാടിപ്പോവു ഞാൻ തിരക്കിപ്പോ അബദ്ധത്തിൽ നിന്നും ചാടുന്നവരാ ഞാനത് അന്വേഷിച്ചു പോവുകയാണ് അപ്പൊ സ്വാമിയുടെ ഞാൻ പറഞ്ഞു എന്തിനാ ആശ്രമത്തിലേക്ക് കൊണ്ട് എനിക്കുറച്ച് വായിച്ചുള്ള ആരും പഠനം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഓം ശാന്തി ശാന്തി ശാന്തി എന്താ പറഞ്ഞ് ജീവിതം പൂർണമായും ശാന്തമായി സമാധാനമായിട്ടില്ല ഞാൻ ഗീതയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അമ്മ ഞാൻ എന്താ വീട്ടില് പോലെ നാട്ടിലെന്താ നമ്മൾ വീട്ടിലും നാട്ടിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ആശ്രമവും മോലും മെച്ചപ്പെട്ട അന്തരീക്ഷമാണല്ലോ അതുകൊണ്ടാണ് ആശ്രമത്തിലേക്ക് പോകുന്നത് അപ്പൊ സ്വാമി എന്നോട് പറഞ്ഞു ഞാൻ ജീവിതത്തിലൊരിക്കലും മറന്നിട്ടുള്ള കാര്യമല്ല മറക്കാനും പറ്റത്തില്ല നിങ്ങളിവിടെ വരുന്നതിന് മുമ്പേ എല്ലാം നിങ്ങളുടെ ശത്രു കൂടെ വന്നു കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അസ്വസ്ഥതയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കുന്ന ആരാണ് ഇവിടെ മിത്രമായിരിക്കില്ലല്ലോ ശത്രുല്ലേ അത് നേരത്തെ എന്നെ ഇവിടെ അതാരാണെന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവർക്കെ ആശ്രമത്തിൽ ഒന്ന് സമാധാനം കിട്ടും കണ്ടെത്തും എന്ന് പറയുന്നതിന് വ്യക്തി അർത്ഥമൊന്നുമില്ല ഞാൻ അമ്പരല്ലിങ്ങനെ ഇപ്പൊ സ്വാമി എന്നോടൊപ്പം ഞാനിതെന്റെ അനുഭവത്തി എന്ന് പറയുന്നതാണ് അപ്പോ സമാധാനമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം അതിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഒരു പങ്കുണ്ട് പക്ഷെ അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ സാഹചര്യങ്ങൾ വഷളാകുന്നതനുസരിച്ച് നമ്മുടെ മനസ്സും വഷളാകും നമ്മുടെ മനസ്സ് വഷളാകുന്നതനുസരിച്ച് നമ്മുടെ സാഹചര്യം വഷളും അത് രസിപ്രോപ്പുലായിട്ടാണ് നടക്കുന്നത് രണ്ടുപേർ യാഥാർത്ഥ്യമാണ് നമ്മുടെ മനസ്സ് വഷളായി കഴിയുമ്പോൾ എന്താണോ ചുറ്റുപാടുകൾ വളരെ ഭീകരമായോ ചുറ്റുപാട് ഭീകരമായോ മനസ്സും ഇതാവും ഇവിടെ വേണ്ടി വരുന്നത് ഇത് ഒരു പൊരുത്തമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മണ്ഡലം തൊഴിൽ രംഗം ആശ്രമത്തിലായാലും അതൊന്നല്ല എവിടെയെങ്കിലും നമ്മുടെ തൊഴിൽ രംഗം ഒന്ന് വരുന്നത് നമുക്ക് പ്രതികൂലമായിരിക്കുക ഇനി പ്രതികൂലമാകണ്ട നമുക്കതിനെ സംബന്ധിച്ച് കുറെ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അത് എനിക്ക് ഈ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ശരിയാകണമെന്നുണ്ട് പക്ഷേ എനിക്കത് ശരിയാക്കാൻ പറ്റുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നതാണോ ഇങ്ങനെയൊന്നും ഇന്ന് മെച്ചപ്പെട്ട ചില ഇതൊക്കെയാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇതൊക്കെ ഒരു വാസ്തവമാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ ശരിയാകത്തില്ല പലതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതൊക്കെ യഥാർത്ഥമാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് മനസ്സിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ സംശയിക്കണ്ട നമ്മുടെ മാനസികാരോഗ്യത്തെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രധാനമായി തോന്നുന്നത് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പശ്ചാമതൃപ്തി ശാന്തിയും സന്തോഷവും നഷ്ടപ്പെടുത്തുക അതാണ് നമ്മുടെ മനസ്സ് അശാന്തമാകുന്നു നമ്മൾക്ക് തൃപ്തിയില്ല എൻ്റെ അർത്ഥം നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരിക്കുന്നു എന്തൊക്കെയോ നമ്മുടെ സാഹചര്യങ്ങളും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ ശ്രമിക്കാം പക്ഷേ ശരിയാക്കാനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ വിട്ട് കളയാണ് ആണ് ഏറ്റവും ബുദ്ധിപൂർവ്വമായ നിലപാട് വാശി പിടിച്ച് ശരിയാകാൻ ശ്രമിച്ചത് മസിൽ പിടിക്കാതിരിക്കുക നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഉയരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ പ്രതീക്ഷയുടെ തരാത നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയായിരിക്കുന്ന കാര്യങ്ങൾ നടക്കേണ്ടത് നമ്മുടെ പ്രതീക്ഷ എന്ന സ്ഥാനത്താണ് അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ നമ്മുടെ പ്രതീക്ഷകളെ പതുക്കാൻ മാറ്റിവെക്കുക ചില നമ്മുടെ പ്രതീക്ഷയുടെ തയ്യാറാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ പോരായ്മയാണ് അപ്പൊ ഇവിടെയൊക്കെ വേണ്ട കാര്യങ്ങൾ ആന്തരികമായ മാനസികമായ നിലയിൽ നമ്മുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള ഒരു താളം ഒരു ബാലൻസ് അത് കണ്ടെത്തി ഒരു സാഹചര്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പറയുന്ന ശാന്തിയും തൃപ്തിയും രണ്ടും നിലനിർത്തുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് വെച്ചാൽ യാതൊരു പ്രതികരണശേഷിയില്ലാതെ ഒരാമയെപ്പോലെ എല്ലാ കാലുകളും ഉൾവലിച്ച് പതുങ്ങിക്കിടക്കണമെന്നുള്ള അർത്ഥത്തിലായാലും നമുക്ക് പ്രതികരിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടന്ന് പ്രതികരിക്കാൻ ദോഷമൊന്നും പക്ഷേ അത് നമ്മുടെ മാനസിക സമാധാനത്തെ തറുക്കുന്ന രീതിയിലേക്ക് അത് വളർത്തിക്കൊണ്ടിരിക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ലൈനത്തിൽ കത്ത് അത് ഫുൾ സ്റ്റോപ്പ് എന്നാൽ നിന്നെക്കുറിച്ച് ഞാൻ ബോധവാനാണ് എന്ന് നമ്മുടെ മുമ്പേക്ക് വലിയ മനസ്സിലാക്കാം അതും വേണം എന്നെങ്കിൽ അവൻ നമ്മളെ ബുദ്ധിയാവകാശ ഇനി ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാം എന്ന് നമ്മളിൽ നിന്ന് തന്നെ അവൻ മനസ്സിലാക്കും പ്രതികരണം അതുവരെ മതി അവന് കറക്റ്റ് ചെയ്യാൻ പോലും ചിലപ്പോൾ നടക്കില്ല അപ്പോ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരണം ആവശ്യമാണ് ചുറ്റുപാടുകളിലൂടെ തന്നെ അറ്റാവരും ജീവ ജീവിതത്തിൽ നടത്തും പക്ഷെ അത് എന്റെ നിയന്ത്രണത്തിന് വിധേയമായി എന്റെ കൂടുതലും എന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നു കടടി പിന്നോട് അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു ഈ ചോദിക്കുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നു ഞാൻ ആകാശത്തോടെ പറഞ്ഞതും ഹിമാലയത്തിൽ ചെന്നപ്പോൾ അവിടെ എരികളെ കണക്കുപൊട്ടിയതും അതിനുമായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചതും ഹിമാലയത്തിൽ ഏതി മനുഷ്യരുണ്ടതും ഇത്തരം കഥകളൊക്കെ ഞാൻ പറയുന്നുള്ളു പ്രതീക്ഷയിൽ ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഇത്തരം വിഭ്രാന്തികളിൽ പെടാത്തയാളും കഴിയുന്നത് മറ്റുള്ളവരെ വിഭ്രമിപ്പിക്കാൻ ശ്രമിക്കാത്ത ആളുമാണ് അതുകൊണ്ടാണ് അത്തരം കഥകളൊന്നും വേണ്ടിയില്ലാത്ത വിഭ്രമത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് ഇത്തരം കഥകളറിയത് അതല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ ഈ പറയുന്നത് ശാന്തി സമാചിന്ത അതൊക്കെ എന്റെ ശേഷിക്കനുസരിച്ച് എന്റെ ബുദ്ധിക്കനുസരിച്ച് അതിൻ്റെ പരമാവധി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് അതിന്റെ പ്രയോജനവും അതിന്റെ നിഷ്പ്രയോജനവും രണ്ടിൽ ഞാൻ മനസ്സിലാക്കി അതൊക്കെ എത്രമാത്രം യൂസ്ലെസ് ആണെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് അതെവിടെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിന് എനിക്ക് തരും പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോ അവിടെ നമുക്ക് ജീവിതത്തോടെ സമയങ്ങളിലാണ് സ്വീകരിക്കേണ്ടത് അത് ആത്മീയമെന്നോ ഭൗതികമെന്നോ പറയുന്ന തന്നൊരു വ്യത്യാസം പലപ്പോഴും ആത്മീയ ജീവികൾ ഭൗതിക ജീവികളൊക്കെ വളരെ കഷ്ടപ്പെട്ട ജീവിതം ഒരുപാട് സംഘർഷങ്ങളിലൂടെയൊക്കെ പോകുന്നു പക്ഷെ അവരുടെ ജീവിതം ഒരു പൊതിഞ്ഞു പിടിച്ച ജീവിതമാണ് ബാഹ്യമായവരെ ആഡംബരങ്ങളിലൂടെയൊക്കെ അവരുടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കുന്നു യാഥാർത്ഥ്യ ബോധമില്ലാതെ ജീവിക്കുന്നു സ്വയം തന്റെ ആന്തരിക സംഘർഷങ്ങളോട് മല്ലിട്ടുകൊണ്ട് പുറമെ പല നാട്യങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട് അതിന്റെയൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മുടെ തന്നെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സ് പിന്നെ നമ്മുടെ ശരീരം നമ്മുടെ ചുറ്റുപാട് മൂന്നിന് പേര് പൊരുത്തങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൂടെ പറയുന്നത് പ്രശ്നത്തിൽ എന്ന് പറയും ഗതി പറയുന്നത് എന്താണോ സ്വാത്മരതിരേവസ്യ ആത്മം തൃപ്തമാനം ആത്മനിയവജ സന്തുഷ്ട ആദ്യത്തെ അവസാനത്തിൽ വിടുക കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ സംഗതി അത് അത്ര എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ അത് നടത്തു പറഞ്ഞത് അതാണ് ഇവിടെയും പറയുന്നത് എന്താണ് അവനവനും തന്നെ സന്തുഷ്ടനായി ജീവിക്കുക സന്തുഷ്ടനായി ജീവിക്കുക എന്നോട് പറയും സന്തുഷ്ടനായി ജീവിക്കുക എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കി മാനസികമായ പ്രശ്നങ്ങൾ ഒഴിവാക്കി ശാരീരികമായ പ്രശ്നങ്ങൾ ഒഴിവാക്കി നമ്മുടെ ചുറ്റുപാടുകളെല്ലാം സ്വന്തം കരുതികി കൊണ്ടുപോയി അങ്ങനെ തൃപ്തനായിരിക്കുകയാണോ അത് നടക്കുന്നവരെയാണ് അങ്ങനെ ഒരു പൂർണ്ണമായും എന്താ നിയന്ത്രണ വിധേയമാക്കി തൃപ്തി സാധിക്കും ഇത് മൂന്ന് പ്രകൃതിയാണ് ഒന്ന് മനസ്സ് അതൊരു പ്രകൃതിയാണ് ശരീരം മറ്റൊരു പ്രകൃതിയാണ് നമ്മുടെ ചുറ്റുപാടുകളും മറ്റൊരു പ്രകൃതിയാണ് മൂന്ന് പ്രകൃതികളാണ് ഈ മൂന്ന് പ്രകൃതികളോട് യുദ്ധം ചെയ്ത് ജീവിക്കാൻ പോയാൽ പ്രശ്നം നടക്കുന്ന കാര്യം ഈ മൂന്ന് പ്രകൃതികളോടും പൊരുത്തപ്പെട്ട് എവിടേക്ക് പൊരുത്തപ്പെടാൻ പറ്റും അവിടെയൊക്കെ എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല അത് സാധിക്കില്ല ചിലത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അത് ഒഴിവാക്കണം പൊരുത്തപ്പെടേണ്ടതിനോട് പൊരുത്തപ്പെടണം അങ്ങനെ ഈ മൂന്നിനും ഒരു ശാന്തി കണ്ടെത്തണം ഒന്നിന് മാത്രമാണ് കേവലം മനഃശാന്തി അങ്ങനെ ഞാൻ തുടക്കപ്പെട്ടി പറയും കേവലം മനഃശാന്തി ആർക്ക് കണ്ടെത്താൻ പറ്റില്ല മനസ്സിന്റെ ശാന്തി ശരീരത്തിന്റെ ശാന്തി സാഹചര്യങ്ങളുടെ ശാന്തി ഇത് മൂന്നും പറ്റും അപ്പോൾ ഈ മൂന്നിനോട് നമ്മൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരും ജീവിതത്തിൽ മനസ്സിനോട് പ്രതികരിക്കേണ്ടി വരും ശാരീരികമായ പരിശ്രമങ്ങളോട് പ്രതികരിക്കേണ്ടി വരും നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കേണ്ടി വരും അപ്പൊ ഈ പ്രതികരണമാണ് നമ്മുടെ ജീവിതം എന്നോട് അതില് ചില കാര്യങ്ങൾ എന്താണ് വളരെ സങ്കീർണമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോസോമാറ്റിസെർവ് ഡിസോർഡർ പോലെയുള്ള ചില പ്രശ്നങ്ങൾ ശരീരത്തിൽ വരും തത്വജ്ഞാനം കൊണ്ട് മാർഗം പരിഹരിക്കാൻ പറ്റില്ല തത്വജ്ഞാനം ഒക്കെ ആവിഷ്കരിച്ചവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ല അജ്ഞന്മാരെ തത്വത്തെക്കുറിച്ചൊക്കെ നല്ല പണികൊണ്ടായിരുന്നു മനുഷ്യൻ പക്ഷെ മനുഷ്യജീവിതത്തെ കുറിച്ചൊക്കെ ശരിയായ കാരണങ്ങളില്ല നമ്മൾ ഇതിനെ കുറിച്ച് അറിവില്ല ഇതിനെയെല്ലാം നമ്മൾ കൈകാര്യം ചെയ്ത് ജയിച്ച പോലെ അപ്പൊ അതിന് പ്രധാനമായും വരും എന്നോടൊക്കെ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം നമ്മുടെ പ്രതികരണങ്ങൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കാം പലപ്പോഴും നമ്മൾ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നു വീണ്ടും വിചാരമില്ലാതെ ഈ പലരുടെയും മിക്കവരുടെയും സന്യാസം എന്നൊക്കെ പറയുന്നതിന് ഒരു വീണ്ടും വിചാരമില്ലാത്ത പ്രതികരണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം അതായത് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ വീണ്ടും വിചാരമില്ലാതെ അതിനോട് പ്രതികരിക്കുന്ന ഒരു ചാട്ടമാണ് എന്തും സന്യാസി ആ വീണ്ടു വിചാരമില്ലാത്ത പ്രതികരണമായതുകൊണ്ട് തന്നെ അത് പലപ്പോഴും പരാജയപ്പെട്ടു എന്റെ പരാജയം എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിൽ ശാന്ത സമ്മാനങ്ങൾ നഷ്ടപ്പെടുന്നത് വേറെ നിങ്ങളിവിടെ എന്ത് സമ്പാദിച്ചാൽ ഇവിടെ എന്ത് പൊസിഷൻ നേടിയെടുത്തു എത്ര പ്രശസ്തനായി എന്നുള്ള കാര്യങ്ങളുണ്ട് എനിക്കും ഇവിടെ ചിലർ പ്രശസ്തി ഉണ്ടാക്കിത്തരാൻ ശ്രമിക്കുന്നു പാവങ്ങൾ ബോധമില്ലാത്ത മനുഷ്യർ എനിക്കവരോട് എന്താണ് അനുകമ്പയും തോന്നുന്നില്ല കാരണം അനുകമ്പ തോന്നിയാൽ ഞാനത് വലിയ ആളായിരിക്കും അനുകമ്പ അത്രയ്ക്ക് വലിയ ഒരാളല്ല അതുകൊണ്ട് സഹതാവ എന്നാണെങ്കിൽ പറയാം എനിക്ക് പ്രശസ്തി ഉണ്ടാകാൻ ശ്രമിക്കുന്നു മനുഷ്യനൊന്നും എന്തോ എന്താണ് എന്താണ് ഒരു കോമഡിയായിട്ടാണ് ഇത്രയും ബോധമില്ലാത്ത മനുഷ്യരും കൂടെ ഉണ്ടോ ഞാൻ ആലോചിച്ചു നോക്കി ഇത്രയും വലിയ ഇതാണ് കാഴ്ചപ്പാടും ശേഷി ഒക്കെയുള്ള അമ്മയുടെ ചുറ്റുപാടും ഇത്രയും ബോധമില്ലാത്ത മനുഷ്യരാണല്ലോ വന്നു എന്ന് ഞാൻ ചിന്തിച്ചുപോയി അതിന് പറ്റിയ ആൾക്കാർ വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു അതായത് നമ്മൾ തൃപ്തനാണെങ്കിൽ മനസ്സിലായി നമ്മൾ തൃപ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ചെയ്യും നമ്മൾ തൃപ്തനായ വ്യക്തിയാണ് നമുക്കൊരു പ്രപ്പകണ്ടിയുടെ ആവശ്യമില്ല നമുക്കൊരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യമില്ല മറ്റൊരാളുകൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടി അങ്ങനെ ആരും എപ്പറത്തെടുക്കേണ്ടെന്ന് കാര്യമില്ല പിന്നെ ഇതൊക്കെ ചില സ്ഥലത്ത് ആവശ്യമായി വരും ഇത് മൊത്തം അബദ്ധമാണെന്ന് ഞാൻ പറയുന്നു ഒരു സംരംഭം തുടങ്ങും ഉത്പാദാണങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു ഒരു പ്രസ്ഥാനം അവിടെയൊക്കെ ഇതൊക്കെ ആവശ്യമായിരുന്നു അതോടൊപ്പം വേണ്ടി പരസ്യമൊക്കെ അത് എന്താണ് ഇന്നത്തെ പ്രവർത്തന ഒരു ഭാഗമാണ് ൊരു സംരംഭം തുടങ്ങുന്നു ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ഇറക്കുന്നു ഇന്ന് അതിന് പുറപ്പെടില്ലെങ്കിൽ അത് വിജയിക്കില്ല പരസ്യം ചെയ്തില്ലെങ്കിൽ അത് ഏറ്റവും നല്ല സാധനമാണ് അപ്പൊ ഒരു ആവശ്യമാണ് എത്ര ചില സന്ദർഭങ്ങളിൽ അതൊക്കെ ഒരു വ്യക്തി എന്നുള്ളതാണെങ്കിൽ എന്നെ പോലെ ഒരാളതിന്റെ ആവശ്യമെന്ന് കാരണം ഇത് ആവശ്യമില്ലാന്ന് വളരെ നല്ല തിരിച്ചറിഞ്ഞു വരാനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും പരസ്യപ്പെടുത്തിയോ എന്തെങ്കിലും എനിക്കൊന്നും നേടാൻ ഇത് ബോധമില്ലാത്ത മനുഷ്യർ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ മൗനസമ്മതം കൊടുക്കുന്നു അവരോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല കാരണം ബോധമില്ലാത്ത മനുഷ്യരങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുകൊണ്ട് ദേഷ്യമില്ല പിന്നെ ഇത്രയേ ഉള്ളൂ അവർക്കൊരു അവയർനെസ്സോളും ഒരു വാണി ഇങ്ങനെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന ആവശ്യമില്ലാത്ത കാര്യമില്ല നിങ്ങളൊരു മനുഷ്യൻ നിങ്ങൾ എനിക്കെന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മനസ്സിലായി നിങ്ങൾ താർക്കും എനിക്കെന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാനത് വളരെ സന്തോഷത്തോടുകൂടി ചെയ്തു പക്ഷേ െനിക്ക് ആവശ്യമുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ നമ്മുടെ സാഹചര്യങ്ങൾ ചുറ്റുപാട് അതിപ്പോഴെന്നാണ് നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റേ നമുക്ക് ജീവിക്കാൻ പറ്റി ലോകത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സൂക്ഷമാവൃതി എനിക്കൊരു ചെരുപ്പ് കൊണ്ടിട്ടുണ്ട് എനിക്ക് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള ഒരു ചെറുപ്പില്ലാതെ നടക്കാൻ പറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് മനുഷ്യനെന്താ ആവശ്യം അതെ അവർ കൊടുക്കണം ആവശ്യമില്ലാത്ത ഒരാൾക്ക് തലയിൽ കൊണ്ട് വെച്ച് കൊടുക്കും ഒന്നും ഒരു കാര്യം ആർക്കും ഇതെന്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നത് ഞാനെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും സംബന്ധിച്ച കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ നേരത്തെ പറയുന്നത് സൈക്ലോസോമാറ്റിക് ഡിസോർഡർ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങൾ തന്നെ ത്യാഗം ഉയരാഗം എന്നൊക്കെ പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒരു കാരണം പറയും നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുക ഞാനീ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു ഇവിടെ പലരും എന്നെ കുറിച്ച് പരാതി എഴുതി നല്ല ഭക്ഷണം ഞാൻ പരാതി നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നു മോശം ഭക്ഷണം കഴിക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല അത് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യം ഞാൻ ഇവിടുത്തെ ഒരു കാര്യം ആരോടും അന്വേഷിക്കാറില്ല എന്റെ അടുത്ത് വരുന്ന ആരുടെ അടുത്ത് ഒരു കാര്യം ഞാൻ അന്വേഷിക്കാറ് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ജിജ്ഞാസ അടുത്തിന്റെ വിഗത കൗതുകം എനിക്കങ്ങനെയുള്ള ഒരു കൗതുക കാരണം ഇതൊന്നും ഒരു അത്ഭുതമായി ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും അന്വേഷിക്കാം ഞാൻ പറയുന്ന പൊതുവായ കാര്യമാണ് സമയം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ശരിയായ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാവും അത് ഞാൻ വലിയ തപസ്സയാണെന്നും പറഞ്ഞൊരു കാര്യമില്ല അതൊരു കാരണമാണ് അതുകൊണ്ട് വരണമെന്നില്ല അപ്പൊ അതൊരു മനുഷ്യന്റെ ഒരു ആവശ്യമാണ് അതൊരു മനുഷ്യന് കൊടുക്കുക ഒന്നും അതുപോലെ മനുഷ്യന്റെ ആവശ്യമില്ലാതെ അത് കൊടുക്കുക ആവശ്യമില്ലാത്ത ഒരാൾ നമ്മൾ കൊടുക്കാൻ പോവുക എന്റെ ഒരു പെർസണൽ ലാ പറയും ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് പെരുമാറും അതാ വേണ്ടി നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ നേരെ വന്നതെന്ന് പറയണം ദക്ഷിണം നിങ്ങൾ പുറപ്പെകാണ്ട ഒരു നിങ്ങൾ ദക്ഷിണം ഈ ദക്ഷിണ എന്ന് പറയുന്ന ആശയത്തോട് ഞാൻ ഒരിക്കലും യോജിക്കാറില്ല ഞാനിവിടെ വന്നതാണ് ഇത്ര പത്തിരുപത് വർഷങ്ങൾക്കും അന്നെനിക്ക് ദക്ഷിണ നടക്കും ഞാൻ പറയാൻ നിങ്ങളോട് പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട എന്തുകൊണ്ട് ഞാൻ ദക്ഷിണം സ്വീകരിക്കാറില്ല അതുകൊണ്ടാണ് ദക്ഷിണ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനോടെ എനിക്ക് യോജിക്കും ആ ഒരു ആശയത്തോടെ അപ്പൊ ഞാൻ വേണ്ട എന്ന് പറയും സാറിന് ബന്ധങ്ങളെ തന്നെ എനിക്ക് ഈ ദക്ഷിണയോടെ എനിക്ക് പിന്നെ ഒരു വിയോജിപ്പ് വരാൻ കാരണം മഹാഭാരതം വായിച്ച മഹാഭാരതം വായിച്ചപ്പോ ദ്രോണാചാര്യ ഏകലപിക്കുന്നോട് ദക്ഷിണ ചോദിച്ചതിന്റെ പെരുവരും എന്ന് വെച്ചാൽ ശരിക്കും ശിഷ്യം പോലും അല്ല ഒരാളെ ഗുരുവായി സങ്കൽപ്പിച്ചോ ആ ഗുരു ശിഷ്യനോട് ചോദിച്ചത് അവൻ നേടിയ എല്ലാ സാമർത്ഥ്യവും അതും കുശുമ്പോട്ടും ചോദിച്ചു അപ്പൊ ദക്ഷിണ എന്ന് പറയുന്നത് അന്നേ ഞാൻ മാറ്റിവെച്ച ദക്ഷിണയ്ക്ക് വളരെ ഒരു മോശം ഭാഗമായിട്ട് എന്നുവെച്ചാൽ ദക്ഷിണ എന്ന് പറയുന്ന എന്താണ് അതിൻ്റെ ഡിമാൻഡാണ് പല പുരാണങ്ങളിലും പല കഥകളിലൂടെ ദക്ഷിണ ആവശ്യപ്പെടുക എന്നിട്ട് ദക്ഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുക അവർക്ക് അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യം ദക്ഷിണായി അതിനുവേണ്ടി അവരോട് കഷ്ടപ്പെടുക ഈ ഒരു ആശയം വന്നതും പൗരോഹിത്യത്തിന്റെ ഭാഗമാണ് പഴയ കാലത്ത് പുരോഹിതന്മാർ ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ് വലിയ അധ്വാനവും നിൽക്കാം പണ്ട് രാജാക്കന്മാരേയും സ്തുതി രാജാക്കന്മാരെ ഇവർക്ക് ദക്ഷണം ഈ സ്തുതിക്കുള്ള കുഞ്ചിയാണ് പണിയെടുക്കാതെ കുഞ്ചി വാങ്ങുന്നത് നമുക്ക് ആർക്കെങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടു തരത്തിൽ കൊടുക്കാം ഞാൻ ഒന്നും സ്വീകരിക്കാത്ത ആൾ അത്രയും വിരക്തിയൊന്നും എനിക്കില്ല അങ്ങനെ വീട്ടിൽ കാണിച്ചാൽ അങ്ങനെ ചത്തവും അങ്ങനെ പെട്ടെന്ന് യാവാണെന്ന് ഉദ്ദേശിച്ചു ഒന്ന് നിങ്ങൾക്ക് അറക്കെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഒന്ന് അവര് ചെയ്യുന്ന ജോലിക്ക് കൂലിയായിട്ടു ഒരാളുടെ ജോലിക്ക് ജോലിക്ക് മതിയായ ഭേദന നല്ല കാര്യങ്ങളാണ് ഒരു കൊച്ചുകുട്ടി അതിന്റെ ഒരു ബർത്ത്ഡേ നമ്മൾ ദക്ഷിണ കൊടുക്കും നമ്മൾ എന്താ കൊടുക്കുന്നത് ഗിഫ്റ്റ് എന്തിനാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് ആ കുട്ടി നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മറ്റാർ എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണെങ്കിൽ അത് ദക്ഷിണായെങ്കിലും പിന്നെന്തായാലും ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് എനിക്ക് എന്ത് തന്നാലും ഞാൻ സീട്ട് എനിക്ക് ആവശ്യമുണ്ടാവും ആവശ്യമില്ലാത്ത സ്ഥിരം ഈ പരിപാടിയായിട്ട് എന്റെ അടുത്താലും വരണ്ട് ഇനി നിങ്ങളുടെ മനസ്സിൽ ദക്ഷിണയാണെങ്കിലും ഞാൻ ഗിഫ്റ്റായിട്ട് ചെയ്യും എന്താണ് നമ്മളൊരു കുട്ടിക്കകത്ത് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് എത്രമാത്രം സന്തോഷമാണ് നമ്മളത് മാത്രമേ നോക്കൂ അല്ലാതെ അവിടെ ബിസിനസ് കൊടുക്കൽ വാങ്ങലുണ്ട് നമുക്കെന്ത് ലാഭമുണ്ടായി മറ്റൊരാൾക്കെന്ത് നേട്ടമുണ്ടായി നമുക്കെന്ത് നഷ്ടം ഉണ്ടായി എന്ന് നോക്കിയിട്ടില്ല എന്തിനാണോ ആ വ്യക്തി സന്തോഷിക്കുന്നത് അത് നമ്മൾ ഓടുന്നു അപ്പൊ നമ്മളൊരിക്കലും കണക്കാക്കാറില്ല നമുക്ക് എത്ര ധനനഷ്ടമുണ്ടായി നമ്മൾ ചിന്തിക്കെ എന്റെ ഞാൻ എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി ചില കാഴ്ച പോലെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളിങ്ങനെയുള്ള വേണ്ടതീലങ്ങളൊക്കെ കാണിക്കുന്നു അതൊന്നും അല്ലാതെ ഇപ്പം നിങ്ങൾ എനിക്ക് എന്താണോ അഡ്വർട്ടൈസ് ചെയ്തത് അത് എന്റെ അനുവാദമില്ലാതെ ചെയ്തതുകൊണ്ട് ഞാൻ ക്രുദ്ധനായി അങ്ങനെയൊന്നും അല്ല അങ്ങനെ നിങ്ങൾ ധരിക്കും അവിടെ എന്റെ അനുവാദം അങ്ങോല്ല പ്രശ്നമേ ഇല്ല അതിന്റെ പ്രതികരണങ്ങൾ പല രീതിയിലാണ് ചെട പറയുന്നത് ഞാൻ ആരോഗ്യം പേടിച്ചു പോയി പിന്നെ അഡ്വർടൈസ് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ആരോഗ്യം പേടിച്ചു അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ലോകത്തിൽ എന്നെ പേടിയുണ്ട് അതുകൊണ്ട് എനിക്കാരും പേടിയുണ്ട് അങ്ങനവനെ പേടിക്കുന്നവനെ മറ്റുള്ളവർ പേടിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് അങ്ങനെ ലോക ആരും പേടിച്ച് ജീവിക്കുന്നതാണ് പിന്നെ എനിക്ക് പേടിയുള്ളൂ കൊതുകിനെ പേടിയുണ്ട് ഉറുമ്പിനെ പേടിയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ചില ജീവികളെ ചെറിയ പേടിയുണ്ട് മനുഷ്യരെ എല്ലാം പേടിക്കില്ല അങ്ങനെയുള്ള തന്നെ പേടിച്ചു അങ്ങനെ ജീവിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അത് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും എന്താണ് ആരോടും ഞാൻ ക്രുദ്ധനായിട്ടില്ല ആരോടും എനിക്ക് ബോഗമില്ല പിന്നെ സാമൂഹ്യ തിന്മകൾ അത് ഞാൻ മനസ്സിലാകുമ്പോൾ അതിനോടൊന്ന് ഞാൻ പറയുന്ന പ്രതികരിക്കുമെന്ന് വെച്ചാൽ അത് ആരോടൊങ്ങനെയുള്ള കോപം കൊണ്ടല്ല വിദ്വേഷം കൊണ്ട് എനിക്ക് ഏതെങ്കിലും ജാതി മത വർഗ വർണ്ണ വിദ്വേഷങ്ങളൊന്നും ഞാൻ ഒരിക്കലും എല്ലാം മനസ്സിൽ കടക്കാനായിട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ തിന്മകളെയാണ് അത് ഞാൻ പഠിക്കുകയും മനസ്സിലാക്കിക്കുമ്പോൾ അതിനെ ഞാൻ ചോദ്യം ചെയ്യും വിമർശിക്കും അതെല്ലാം അതായത് ഒരു ഗ്രൂപ്പിനോടോ വ്യക്തിയോടോ സമൂഹത്തോടോ ആശയങ്ങളോടാ ഈ കാര്യത്തിൽ തന്നെ നിലപാട് ഇതൊക്കെയാണ് അപ്പോ ആത്യന്തികമായി എല്ലാം ചെയ്യുമ്പോഴും നമുക്കൊരു എന്താണ് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്താണ് നമ്മുടെ മനസ്സമാധാനം കളയ നമ്മൾ അതിർ വരമ്പുകളും നിശ്ചയിച്ചിട്ടുണ്ടതിന് വേണ്ടിയിട്ടാണ് എന്താണ് നമ്മുടെ മനസ്സമാധാനത്തെ കളയത്തൊക്കെ അല്ലെങ്കിൽ ഒന്നിനെ പരിശോധിച്ചിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ എന്നിൽ ഒരു നിയന്ത്രണം വയ്ക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അടുത്തും ഞാൻ നിങ്ങളെ പേടിച്ചിട്ടാണെന്നുണ്ട് അരി ഭയന്നിട്ടല്ല മറിച്ച് ഞാൻ തന്നെ എനിക്ക് ചില വേദന കിട്ടുന്നുണ്ട് അത് കാരണം ഈ മനസ്സെന്ന് പറയുന്നത് അതിനെ നമുക്ക് കോംപ്രീറ്റ് ഇട്ട് ഉറപ്പിക്കാനുണ്ട് അതിൻ്റേതായ സ്വഭാവം കാണും അത് നശിച്ചു പോകരുത് അതിൻ്റെ എനർജി നഷ്ടപ്പെടും അതിനൊരു എനർജി ഉണ്ട് നഷ്ടപ്പെടും അത് തളർന്നു പോകൽ എന്നാൽ അതിന് ശാന്തി സമാധാനം സ്വസ്ഥതയൊക്കെ അതിനുവേണ്ടിയിട്ട് ഞാൻ എന്റെ പ്രവൃത്തിയിൽ നിന്ന് വേണ്ട വാക്കിന് വേണ്ട ചിന്തകളിലും ഒക്കെ നിയന്ത്രണം പാലിക്കുന്നതാണ് ആരി പേടിച്ചിട്ടുള്ളൂ അങ്ങനെ തിരിക്കുന്നു അപ്പൊ പറയേണ്ടത് പറയും പറയണ്ടോന്നിക്കഴിഞ്ഞു പറയത്തില്ല ഇത്രയോ അതുകൊണ്ട് ഏറ്റവും പ്രധാന ഇവിടെ ഈ പ്രകൃതം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൃപ്തിയെക്കുറിച്ച് ശാന്തിയെക്കുറിച്ചോ അത് നമുക്ക് വേണ്ടേ ഒരൈക്കോ അതിലേക്ക് പിന്നെ നമുക്ക് എന്താ കാര്യം നമുക്ക് വേണം അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ സാഹചര്യങ്ങളും ആയിട്ടുള്ള ഒരു പൊരുത്തം നമ്മൾ കണ്ടെത്തും ൊരു കടലിൽ നമ്മൾ ജീവിക്കും ഞാന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്തരം വീട്ടിൽ സംസാരിക്കണമെന്നും പ്ലാൻ ചെയ്ത കാര്യമില്ല എന്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ കുറെ കാര്യങ്ങളുടെ പറഞ്ഞു എന്നുള്ളതാണ് പലതും പറഞ്ഞു വന്നപ്പോ കടന്നു വന്ന കാര്യമില്ല നമുക്കൊരു വിചാരത്തിൻ്റെ അടിത്തറ നമ്മുടെ മുണ്ടക്കരണത്തിലുണ്ടെങ്കിൽ നമുക്ക് ചിന്തയ്ക്കോ ആശയങ്ങൾക്കോ വാക്കുകൾക്കോ ഒന്നൊരു ദാരിദ്ര്യം വരിക്കണമെന്ന് ഒരാള് എന്താണ് നിങ്ങൾ പറയുന്ന സസംഗം അതിൽ പത്ത് മിനിറ്റ് എന്തെങ്കിലുമൊന്ന് പറയാൻ വേണ്ടി എത്ര മണിക്കൂറ തയ്യാറെടുക്കുന്നത് എന്നിട്ടും ആഗ്രഹിക്കുന്നുവല്ലോ പറയാൻ പറ്റുന്നു എന്താ അവിടെ പ്രശ്നം വരുന്ന ദാരിദ്ര്യം എന്തിന്റെ ദാരിദ്ര്യം ചിന്താഗതി അതെങ്ങനെ പരിഹരിക്കാം പരിശീലനം കൊണ്ട് പരിഹരിക്കും ചിന്തിച്ച് ശീലിക്കണം പറഞ്ഞ് ശീലിക്കണം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് മറികടക്കാം അതുകൊണ്ട് ഇതിനെ സംസാരിക്കുന്നതിൽ നിന്ന് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യം പ്രിപ്പറേഷൻ നടത്തി നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടേണ്ട ഒരു കാര്യമുണ്ട് നമ്മളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ മാക്കിയങ്ങ് നടന്നോളൂ പക്ഷെ അല്ലൊരു അടിത്തറ ഉണ്ടായില്ല രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഈ കാലത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന് ഇൻഫർമേഷൻ ലേജുന്ന അതിൽ രണ്ട് ദോഷങ്ങളും ഒന്ന് മിസ് ഇത് ഇപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ പല മുറികളിലും പല വ്യക്തികളും ഈ സമയത്ത് മൊബൈൽ ഫോണും ഇന്റർനെറ്റുള്ളവരെ റെഡിയില് കണ്ടുകൊണ്ടിരിക്കുകയാണ് റീലുകൾ എനിക്കറിയാം വെറുതെ പറയും നമ്മളിവിടെ പോയൊരു പരിശോധന നടത്തി ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അത് പുഴയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവരായിരിക്കും ഇത് സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഇൻഫർമേഷൻ അതൊന്നും അതോടൊപ്പം സംഭവിക്കുന്നു മറ്റെന്താണ് ഇൻഫർമേഷൻ ഓവർലോഡ് നമ്മുടെ ബുദ്ധിക്ക് താങ്ങാൻ കഴിയാത്തത്ര ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇത് രണ്ടും നമ്മുടെ ഇങ്ങനെ പഠിച്ചു തേടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പ്രിപ്പയർ ചെയ്യലായ ശരി നിങ്ങൾക്ക് ചിന്തിക്കാനോ സംസാരിക്കാനോ കഴിയാറുണ്ട് ഇത് രണ്ടും ഒഴിവാക്കും ഇതിനൊക്കെ നമ്മൾ അഡിക്റ്റ് ആയി പോകുമ്പോഴാണ് സംഭവിച്ചത് നെറ്റ് അഡിക്റ്റ് ഏ സമയം മൊബൈലെടുത്ത് ഇങ്ങനെ തിരിച്ച് തിരിച്ച് നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കാൻ തോന്നും മൊബൈൽ കാര്യത്തിൽ നിന്ന് എപ്പോഴും എടുത്ത് നോക്കാൻ ാണ് ഈ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ഞാൻ ഇടുക്കി അടുത്ത കാലത്ത് എന്താണ് വായിച്ചത് സിഗരറ്റ് അഡിക്ഷൻ ഉണ്ടല്ലോ അതിനെ കാര്യം സിഗരറ്റിന് അഡിക്റ്റ് ആയി പോയില്ല ആൾക്കാർ ശരീരത്തിലുള്ള ഒരുപാട് നിക്കോട്ടനൊക്കെ കയറി ശരീരത്തിന്റെ കളറൊക്കെ മാറും കറുപ്പായി അവസാനം മരിച്ചുപോകും അതേപോലെയുള്ള വ്യത്യാസങ്ങൾ ശരീരത്തിന് വരുത്തുന്നതാണ് ഈ നെറ്റ് അഡിക്ഷൻ എന്നത് അതേ മാറ്റങ്ങൾ ശരീരത്തിൽ എന്നും കലർന്നു ഇപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് സൈക്കോട്രിസ്റ്റുകളാണ് ട്രിക്ക് വരുന്നുകൊണ്ടാണ് ട്രീറ്റ് അങ്ങനെ വരുന്ന ഈ മിസ്ഇൻഫർമേഷനും ഇൻഫർമേഷൻ ഓർവോഡും നമ്മുടെ ബുദ്ധിയെ കേടാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത് തന്നെ ഉപയോഗിക്കാം ഇതേ സംവിധാനം തന്നെ ആവശ്യമില്ലാത്തതിലേക്ക് കണ്ണും മനസ്സും പോകാതെ ഇല്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം ചിന്തിക്കാനുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരാശം എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് ഇനിയും പറയണമെന്നല്ലെന്നാണ് പ്രസമ്മത്തി തൻ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ എനിക്ക് നിങ്ങൾക്ക് വേറെ പണിയുണ്ട് എനിക്ക് വേറെ പണിയുണ്ട് പണി ഞാൻ